എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഉപദേശവും വിശദീകരണവും അടങ്ങിയ പലകകളിൽ നാം അദ്ദേഹത്തിന് എഴുതി നൽകി അതിനാൽ നീ അത് ദൃഢമായി സ്വീകരിക്കുക നിന്റെ ജനതയോട് അതിലെ ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ കൽപ്പിക്കുക ധിഖാരികളുടെ ഭാവനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം